പറയുക എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവായ അല്ലാഹുസുബാനുഹുഅഅത്യാല വിനവിട്ട് ഞാൻ മറ്റാരെയെങ്കിലും രക്ഷിതാവായി അന്വേഷിക്കണമോ ഓരോ ആത്മാവും താൻ മറ്റൊന്നിനും ഉത്തരവാദിയല്ല ഒരു ഭാരവാഹിയും മറ്റൊരാളുടെ ഭാരം ചുമക്കുകയില്ല പിന്നീട് നിങ്ങളുടെ മടക്കം നിങ്ങളുടെ രക്ഷിതാവിങ്കിലേക്കാണ് നിങ്ങളെന്തിലാണോ ഭിന്നിച്ചു നിന്നത് അതിനെക്കുറിച്ച് അവൻ നിങ്ങളെ അറിയിക്കുന്നതാണ്